ണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മത്തായി എഴുതിയ സുശേഷം അതിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായം മുതലുള്ള ഭാഗങ്ങളെ നമുക്ക് നോക്കാം ഇവിടെ നമ്മളെ കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ അതിൻ്റെ കർത്താവ് ശിശുക്കളെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ഏതാണ്ട് ശിശുക്കളുമായി ബന്ധപ്പെട്ട ഇതുപോലെ ഒരു സംഭവം കുഞ്ഞുങ്ങളെ തൻ്റെ അടുക്കൽ കൊണ്ടുവ കൊണ്ടുവന്ന് ഒരു ശിശുവിനെ അടുക്കൽ നിർത്തി ആ നിലയിൽ കുഞ്ഞുങ്ങളെപ്പോലെ ആയി വരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല സ്വർഗരാജ്യത്തിൽ കിടക്കയില്ല എന്നുള്ള കാര്യം അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് വീണ്ടും അതേപോലെ തന്നെ ദൈവരാജ്യത്തിലെ ശിശുവിനെ പോലെ ആകണം എന്നുള്ളതിന് വീണ്ടും ഊന്നൽ നൽകി ഇതാ പത്തൊൻപതാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് പറഞ്ഞിരിക്കുന്നു എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ തവണ ചിന്തിച്ചതുപോലെ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കതയും ആ നിലയിൽ കാര്യങ്ങളെ വിശ്വസിക്കുന്നതും ഒത്തിരി ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കണക്കുകൂട്ടി ചെയ്യാതെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയം കൊണ്ട് ഈ കാര്യങ്ങളോട് അടുത്ത് വരുന്നതുമാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് കർത്താവ് ഊന്നി പറയുന്നത് പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ പറഞ്ഞു ഇതാ പത്തൊൻപതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെ കർത്താവ് മറ്റൊരു നിലയിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവം ദൈവീക കാര്യങ്ങളോട് ഈ നിലയിൽ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കതയോടെ താഴ്മയോടെ അതുപോലെ തന്നെ വിശ്വാസതോടെ അടുത്ത് വരാൻ നമുക്കിടയാകണം അതുപോലെ അവിടെ പറയുന്നു അവരെ അടുക്കൽ വിടണം അവരെ തടയരുത് എന്നാ പറയുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഇതാ നമ്മൾ വായിക്കുമ്പോൾ അവരെ തടുക്കരുത് അവരെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്നിങ്ങനെ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പത്തൊൻപതിൻ്റെ പതിനാലിൽ കർത്താവ് പറയുന്നു അപ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ദൈവസഭയിലേക്ക് വരുന്ന ആ നിലയിലുള്ള നിഷ്കളങ്കരായ ആളുകളെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അതിലേക്ക് അടുത്ത് വരികയും ചെയ്യുന്ന ആളുകളെ നമ്മളൊത്തിരി ബുദ്ധി ഉപയോഗിച്ച് അവരെ തടയുകയോ അവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് വിടാതെ അവർക്ക് അവരുടെ മുമ്പാകെ ഒരു തടങ്കൽപ്പാറയായി തീരുകയോ ചെയ്യരുത് എന്നുള്ളതാണ് വീണ്ടും ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പത്തൊൻപതാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറ് മുതൽ പതിനാറ് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഒരാൾ വന്ന് കർത്താവിനോട് നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു കർത്താവ് അവിടെയും ശിഷ്യത്വത്തിൻ്റെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് നീ നിൽ നി നീയെ ആശ്രയം വച്ചിരിക്കുന്ന ധനമെല്ലാം വിറ്റ് അത് അതിനു നീ വന്ന് എന്നെ കർത്താവ് അതിൻ്റെ ഇരുപത്തി രണ്ടിലാണ് പറയുന്നു പ്രിയപ്പെട്ടവരെ അവന് ആ കർത്താവിൻ്റെ അടുത്ത് വന്നവന് ആ പ്രമാണിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ആശ്രയം അവൻ്റെ ധനത്തിലായിരുന്നു അതുകൊണ്ടാണ് കർത്താവ് ആ നിലയിൽ പറഞ്ഞത് അല്ലാതെ കർത്താവിൻ്റെ അടുത്ത് വരുന്നവർ എല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കണം എന്നുള്ള ഒരു കാര്യമല്ല മറിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നു അവന് ദൈവിക കാര്യങ്ങളെക്കാൾ അവൻ്റെ ആശ്രയം അവൻ്റെ സ്വത്തിലായിരുന്നു സമ്പത്തിലായിരുന്നു അതുകൊണ്ട് ആ കർത്താവിൻ്റെ ആ പ്രശ്നത്തെ തന്നെ തൊട്ടു എന്നിട്ട് അവനോട് പറയുന്നു നീ പോയിട്ട് അത് വിറ്റൽ ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് വന്നാൽ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു അനുഗമിക്കുക എന്ന് പറയുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ പടി നമുക്കറിയാം ഇവിടെ ഇതാ അവിടെയും നേരത്തെ കർത്താവ് പറഞ്ഞതുപോലെ ശിഷ്യത്വത്തിൻ്റെ ചില കാര്യങ്ങളാണ് പറയുന്നത് ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിയുന്നത് എന്നൊക്കെ അവർ പറയുന്നു ഉടനേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമാണ് എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു നമ്മളും ഈ കാലഘട്ടത്തിൽ ശിഷ്യത്വത്തിൻ്റെ സന്ദേശം വളരെ മറ്റുള്ളവരോട് പറയുന്ന ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ശിഷ്യത്വത്തിൻ്റെ ആ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടെ കൂടെ ശോധന ചെയ്യത്തക്കവണ്ണ വിധ സുവിശേഷങ്ങളിൽ പലയിടത്തായിട്ട് പിന്നെയും നമ്മൾ അതിനെ അഭിമുഖീകരിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നേരത്തെയും ഈ കാര്യങ്ങളെ ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പടികൾ ബന്ധങ്ങളോട് കർത്താവിനേക്കാൾ അടുത്ത ബന്ധങ്ങളോട് നമ്മൾ ഒരു ആരോഗ്യകരമായ ഒരു വിടുതലുണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ വസ്തുവകകളോട് ആരോഗ്യകരമായ ഒരു ഒരു വിടു ഒരു അതിൽ നിന്നൊരു മോചനം നമുക്കുണ്ടാവണം നമ്മുടെ സ്വയത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ നിലയിൽ ഒരു മോചനമുണ്ടാവണം ഈ മൂന്ന് പടികളാണ് ശിഷ്യത്വത്തിൻ്റെ പടികൾ കർത്താവിനെ അനുഗമിക്കാൻ കർത്താവിൻ്റെ ശിഷ്യന് മാത്രമേ കഴിയുള്ളൂ ഈ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നിലയിലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഇതാ അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ എല്ലാം വിറ്റ് എല്ലാം വിറ്റ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഭൗതികമായ വസ്തുക്കളോടുള്ള അവൻ്റെ വസ്തുവകളോടുള്ള ബന്ധത്തിൽ ഒരു വേർപിരിയൽ ഉണ്ടാകണം കർത്താവ് അവിടെ പറയുന്നു ഇരുപത്തൊൻപതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇതാ കർത്താവ് പിന്നെയും പറയുന്നു എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം നൂറു മടങ്ങ് ലഭിക്കുമെന്ന് അതിൻ്റെ ഒടുവിലെ കർത്താവ് പറയുന്നു അപ്പോൾ അവിടെയും വീടുകൾ സഹോദരങ്ങൾ സഹോദരികൾ അപ്പന അമ്മ എന്നും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ബന്ധങ്ങളോടുള്ളൊരു വേർവിരിയൽ വരുന്നു ഇതെല്ലാം ചെയ്യണമെങ്കിൽ സ്വന്തം ജീവനെക്കൂടെ ആ നിലയിൽ വായിക്കാത്ത ഒരുവൻ ഇതൊന്നും കഴിയുകയില്ല അപ്പോഴ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിഷ്യത്വത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകണം അപ്പം തന്നെ അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു ശിഷ്യന്മാർ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ ആർക്കാണ് ആർക്കാണ് രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു അത് മനുഷ്യർക്ക് അസാധ്യമാണ് എങ്കിലും ദൈവത്തിൻ്റെ സകലവും സാധ്യം എന്നാണ് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു തീരുമാനത്തിൻ്റെ ബലത്തിലല്ല നമുക്കിത് കഴിയുന്നത് മറിച്ച് കർത്താവിൻ്റെ കരുണയിലാണ് അപ്പത്തന്നെ നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ക്രിസ്തീയ ജീവിതം വളരെ ബാലൻസ്ഡ് ആണ് നമ്മുടെ ഭാഗത്ത് ഈ നിലയിലെ ശിഷ്യത്വത്തിൻ്റെ മൂന്ന് പടികളും നുസരിക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് ആ നിലയിൽ ഒരു സന്നദ്ധത ഉണ്ടാവണം അപ്പം തന്നെ അത് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഒരു കഴിവുകൊണ്ടല്ല ദൈവമാണ് ആ കാര്യം ചെയ്ത എടുക്കുന്നത് ദൈവത്തിനാണ് അതിൻ്റെ സകല പുകഴ്ചയും നമ്മൾ നൽകുന്നതും അല്ലെങ്കിൽ നിത്യതയിൽ ആ നിലയിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഫിലിപ്പർക്ക് എഴുതിയിലെങ്ങനെ രണ്ടാമത്തെയായോ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നമുക്കറിയാമല്ലോ നമ്മൾ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ദൈവമാണ് നമുക്ക് ആ നിലയിൽ ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ശക്തി തരുന്നത് എന്നാണ് ഫിലിപ്പിയർ രണ്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നത് റോമർ ഒൻപതിൻ്റെ പതിനാറിൽ പറയുന്നത് ഇതുപോലെ തന്നെ ഇച്ഛിക്കുന്നവനാലും ഓടുന്നവനാലും അല്ല കരുണ തോന്നുന്ന ദൈവത്താലാണ് സകലവും സാധ്യം എന്നവിടെയും പറയുന്നു വെളിപ്പാടുപുസം ഏഴാം അധ്യായത്തിൽ നമ്മൾ ഇതേ കാര്യം തന്നെ കാണുന്നു അതിൻ്റെ അഞ്ചാം അധ്യായം ഒൻപത് പത്തോ വാക്യങ്ങളിൽ ഇതാ സ്വർഗത്തിലെ ചെല്ലുമ്പോൾ അവിടെ ആ സ്വർഗത്തിലെത്തുന്ന ജനം അവിടെ പറയുന്നത് കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ഉള്ളവരെ വിലക്കു വാങ്ങി അല്ലാതെ ഞങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതല്ല മറിച്ച് ദൈവം ചെയ്ത ഒരു കാര്യത്തിനാണ് അവരെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാര്യമാണ് അവരുടെ ശ്രദ്ധേയ വരുന്നത് അതിൻ്റെ ഏഴാമധ്യായത്തിലും നമ്മളിതേ കാര്യം തന്നെ കാണുന്നുണ്ട് രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ തന്നെ അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും സകല മഹത്വവും പുകഴ്ചയും ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മൾ ദൈവം ചെയ്തതും നമ്മൾ ചെയ്തതും തമ്മിൽ താരതമ്യം ചെയ്താൽ തമ്മിലൊരു താരതമ്യം പോലും ഇല്ലാത്തവണ്ണം ദൈവം ചെയ്തത് വളരെ ഉന്നതമായിരിക്കും അതുകൊണ്ട് സത്യത്തിൽ നമുക്കൊരു കാരണവശാലും നിത്യതയിൽ കർത്താവിനെ അനുഗമിച്ചു കർത്താവിൻ്റെ ശിക്ഷനായിട്ട് ഞങ്ങളായിരുന്നു എന്നതിൽ നമുക്കൊരു പുകഴ്ചയും ഇല്ല നമുക്കപ്പോഴും ദൈവസന്നധിയിൽ പറയാൻ കഴിയുന്നത് നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി നീ തന്ന രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് അല്ലാതെ ഞങ്ങളെന്തെങ്കിലും ചെയ്തു എന്നുള്ളതിൽ ഒരു പുകഴ്ചയില്ലാതവണ്ണം നമ്മൾ നിത്യതയിലായിരിക്കും ഇച്ഛിക്കുന്നവനാലും ഓടുന്നവനാലും അല്ല ഒന്നും നടക്കുന്നത് മറിച്ച് കരുണ തോന്നുന്ന ദൈവത്താലാണ് സാധിക്കുന്നത് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും ശക്തി നൽകുന്നത് ദൈവമാണ് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ട് അതിനോട് ചേർന്ന് വരുന്ന ഒരു വാക്യമാണ് ഈ പത്തൊൻപതിൽ നമ്മളിപ്പോൾ പത്തൊൻപതിൻ്റെ ഇരുപത്തിയാറിൽ കർത്താവ് പറഞ്ഞ കാര്യം മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് പക്ഷേ ദൈവത്തിന് സാധ്യമാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു ശിഷ്യത്വത്തിൻ്റെ ആ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് നമ്മുടേതായ ഒത്തിരി തീരുമാനത്തിൽ ആശ്രയിച്ചാൽ കഴിയുകയില്ല തീരുമാനം വേണം ഒപ്പം തന്നെ ദൈവത്തിലായിരിക്കണം നമ്മുടെ ആശ്രയം കാരണം ദൈവത്തിനാണ് സകലവും സാധ്യമായിരിക്കുന്നത് എന്നുള്ള ബോധ്യമുള്ളവരായിട്ട് താഴ്മയോടെ നേരത്തെ പറഞ്ഞ പോലെ ആ പോലെ താഴ്മയോടെ നിഷ്കളങ്കതയോടെ നമുക്ക് ദൈവത്തെ പിന്തുടരാം പത്തായി എഴുതിയ സുശേഷം ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യം കർത്താവ് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം എന്ന് പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ് അവിടെ അതിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അവിടെ ഏറ്റവും ഒടുവിൽ വൈകുന്നേരം ഏതാണ്ട് അഞ്ചാം മണി അഞ്ച് മണിക്ക് വൈകുന്നേരം അഞ്ചുമണിക്ക് വീട്ടുടേം ചെന്ന് ചിലരെ മെനക്കെട്ട് നിന്ന് ചിലരെ വിളിച്ച് വേലക്കാക്കി അവർ കഷ്ടിച്ച ഒരു ഒരു നാഴിക മാത്രമേ അവർ അധ്വാനിച്ചുള്ളൂ പക്ഷേ രാവിലെ ആറു മണിക്കും അതുപോലെ തന്നെ ഒൻപത് മണിക്കും പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ വിളിച്ച് തോട്ടത്തിലാക്കിയിരുന്ന ആളുകൾക്ക് കൊടുത്താൽ അതേ കൂലി തന്നെ ഇവർക്കും കൊടുത്തു ഇത് കണ്ടപ്പോൾ രാവിലെ മുതൽ പകലത്തെ അധ്വാനമൊക്കെ നടത്തുകയും പകലത്തെ വെയിൽ കൊള്ളുകയൊക്കെ ചെയ്ത ആളുകൾ ഈ യജമാനനോട് പെറുവിറുക്കുന്നു യജമാനൻ പറയുന്നു നിങ്ങൾ പെറുവിറുക്കേണ്ട കാര്യമില്ല കാര്യം എല്ലാവർക്കും ഞാൻ ഓരോ വെള്ളിക്കാശാണല്ലോ പറഞ്ഞൊത്തത് ഈ പിൻവന്മാർക്കും മുൻപന്മാർക്കും ഉള്ളതുപോലെ തന്നെ കൊടുക്കാനായിട്ട് എനിക്ക് മനസ്സാണ് നിങ്ങളെന്തിനാണ് നിങ്ങളോട് പറഞ്ഞൊത്തത് വാങ്ങിക്കൊണ്ട് പോകുക എന്ന് പറയുന്ന ആ ഒരു ഉപമ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ സേവിക്കുന്നു പക്ഷേ നമ്മുടെ ശുശ്രൂഷയ്ക്ക് പിന്നിലുള്ള മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതിലേക്കാണ് ഇത് വരൽ ചൂണ്ടുന്നത് നാം രാവിലെ പകൽ മുഴുവൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞവരോട് അതല്ല ഇവിടെ പ്രധാനം നാം ചെയ്തതിനേക്കാളും ചെയ്തതിൻ്റെ ആ ക്വാണ്ടിറ്റിയേക്കാളും അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഗുണമാണ് എന്തിനാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഈ ദൈവത്തിനായിട്ട് അധ്വാനിച്ചതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്തായിരുന്നു അതാണ് ദൈവം എന്നുള്ള പാഠമാണ് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാനായിട്ടുള്ളത് അതുകൊണ്ട് ദൈവ നമ്മൾ ദൈവത്തെ സേവിക്കുന്നതിന് പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശ്യം എന്താണ് നമ്മുടെ മനോഭാവം എന്താണ് ഈ കാര്യങ്ങളെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഈ ഉപമയിലെ കർത്താവ് ആ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇവരെ രാവിലെ ആറുമണിക്ക് വന്നവരും ഒൻപത് മണിക്ക് വന്നവരും ഒക്കെയും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തതുകൊണ്ടാണ് അവർക്ക് പെരുറിപ്പ് വന്നത് നമ്മളൊരിക്കലും മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യേണ്ട നമുക്ക് പിന്നാലെ വന്നവരും ദൈവമാണ് ഈ കാര്യങ്ങൾ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നു മറ്റു ചിലർ താമസിച്ചാൽ വന്നത് അങ്ങനെ മറ്റുള്ളവരെ നോക്കുകയും അങ്ങനെ നോക്കുമ്പോഴാണ് പലപ്പോഴും പരാതി വരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ നോക്കി താരതമ്യപ്പെടുത്താതെ ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അവിടെ ഇതായി ഇരുപതിൻ്റെ ഇരുപതാമത്തെ അധ്യായം അതായത് ഇരുപതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ സപതി വന്ന് ഇവിടെ നമ്മൾ സപതി അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോടൊരപേക്ഷ കഴിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ ഇതേ കാര്യം തന്നെ മറ്റൊരു സുവിശേഷത്തിലെ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാല്പത്തിരണ്ട് നാല്പത്തഞ്ച് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അമ്മയെക്കുറിച്ച് പറയുന്നില്ല ഈ സബദി പുത്രന്മാരായി യോഹന്നാനുമാണ് വന്ന് കർത്താവിനോട് പറയുന്നത് നിത്യതയിലെ ഞങ്ങൾ ഒരാൾ നിൻ്റെ ഇടത്തും മറ്റൊരാൾ വലത്ത് വിരിക്കാനായിട്ട് വരം നൽകണമെന്ന് പറയുന്നു ഉടനെ കർത്താവ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അവരോട് പറയുന്നു എൻ്റെ പാനപാത്രം കുടിക്കാൻ കഴിയുമോ അവർ കുടിക്കാൻ കഴിയുമെന്ന് പറയുന്നു എന്നാലും പിതാവാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കുന്നത് എന്നൊക്കെ കർത്താവ് പറഞ്ഞ് രംഗം അവസാനിപ്പിക്കുന്നു ഇതേ കാര്യം സുവിശേഷം പത്തിന്റെ നാൽപ്പത്തിരണ്ട് നാല്പത്തി അഞ്ച് വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സബദി യാക്കോബി യോഹന്നാനും ഇങ്ങനെ പറയുന്നത് ശേഷം പത്ത് പേർ കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടു ഇരുപത്തിനാലാമത്തെ വാക്യമത്തായി ഇരുപതിൻ്റെ ഇരുപത്തിനാല് കണ്ടോ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരോട് നീരസം വന്നതിന് കാരണം എന്താ നീരസം വന്നത് അവര് മറ്റേ പത്ത് പേര് ഈ രണ്ടു പേരോട് താരതമ്യം ചെയ്തു അല്ലെങ്കിൽ ഏർ മറ്റുള്ളവരെക്കാൾ നിന്റെ ഇടത്തും വലത്ത് വിരിക്കണം എന്ന് ഈ രണ്ടു ആവശ്യപ്പെട്ടു അപ്പൊ കണ്ടോ ഒന്നിച്ചു പോകുന്ന ആളുകൾ അവർക്കിടയില് ഒരു മത്സരവും ഒരു താരതമ്യവും വരുന്നു പക്ഷെ കർത്താവ് അതിനെ ആ നിലയിൽ അവരോടൊട്ടും യോജിക്കുന്നില്ല മറിച്ച് കർത്താവ് പറയുന്നു ഇങ്ങനെയല്ല വേണ്ടത് ഇതൊക്കെ ലോകത്തിൻ്റെ രീതിയാണ് നിങ്ങൾ എന്ത് വേണം നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം മനുഷ്യപുത്രനെ നോക്കുക മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പിനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറവിലയായി കൊടുപ്പാനും ആണ് വന്നത് എന്ന് പറഞ്ഞ് തന്നിലേക്ക് തന്നെ വിരല് ചൂണ്ടി അവരെ ശാസിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഈ നിലയിൽ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ഒരു താരതമ്യമില്ലാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ആ അധ്യായം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് കുരുടന്മാർക്ക് കർത്താവ് കാഴ്ച നൽകുന്ന ഭാഗമാണ് നമ്മളെ വായിക്കുന്നത് കർത്താവ് കുരുഡന്മാർക്ക് കാഴ്ച നൽകിയ ഇതേ ഏതാണ്ട് ഇതിന് സമാനമായ ഒരു രംഗം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഒടുവിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ഭർത്തിമായി എന്ന് പറഞ്ഞ ഒരു കുരുടനാണ് സൗഖ്യം പ്രാപിക്കുന്നത് പക്ഷെ ഇവിടെയും അവിടെയും നമ്മൾ കാണുന്നത് അതിൻ്റെ ഒടുവിൽ ഇവിടെ എഴുതാമത്തായി എഴുതിയ സുവിശേഷം ഇരുപതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം രണ്ട് കുരുഡന്മാർക്കും കാഴ്ച കിട്ടിയപ്പോൾ അവർ ചെയ്ത ഒരു കാര്യം നമ്മളിവിടെ കാണുന്നത് എന്താ യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു ഉടനേ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു എത്ര നല്ലൊരു മാതൃകയാണ് അവർക്ക് കാഴ്ച കിട്ടിയപ്പോൾ ശരി ഞങ്ങൾക്ക് കാഴ്ച കിട്ടിയല്ലോ ഇനി ഞങ്ങൾ വീട്ടിലൊന്ന് പോട്ടെ എന്നല്ല അവർ പറഞ്ഞത് അവർ നമ്മൾ മർക്കോസിൻ്റെ അസോസിയേഷൻ പത്തിൻ്റെ അമ്പത്തിരണ്ടിൽ ഭർത്തിമായും കാഴ്ച കിട്ടിയ ഉടനെ കർത്താവിനെ അനുഗമിക്കുക കർത്താവിനെ പിൻപറ്റുന്നതും അനുഗമിക്കുന്നതുമാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇതാ ഇവർക്ക് കാഴ്ച ലഭിച്ചു അവർ കർത്താവിനെ അനുഗമിക്കുന്നു നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമദ്ധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരെ വിളിക്കുമ്പോഴും അവരും വള്ളവും വലയും വിട്ട് യേശുവിനെ അനുഗമിക്കുന്നു എന്നാൽ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അറുപത്തൊന്നാമത്തെ വാക്യത്തിൽ ഒരാൾ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നു പക്ഷെ അയാൾ പറയുന്നു ഞാൻ ഒന്നാമത് പോയി എന്തു ചെയ്യട്ടെ എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞു വരട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് എന്താ നീ എന്നെ അനുഗമിക്കുക വീട്ടുകാരുടെ കാര്യം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ശിഷ്യത്വത്തിൻ്റെ ആ വേർപാട് സംബന്ധിച്ചുള്ള ബന്ധങ്ങളോടുള്ള വേർപാട് കർത്താവ് അവിടെ ഊന്നിപ്പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇതാ ഈ രണ്ട് കുരുടന്മാർ അവരെ കാഴ്ച പ്രാപിച്ച ഉടനെ തന്നെ കർത്താവിനെ അനുഗമിച്ചു നമുക്കും ഈ ശിഷ്യത്വം കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് നമുക്ക് രക്ഷയിലേക്ക് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് ആ പാപത്തിൻ്റെതായ അന്ധത മാറി കാഴ്ചയിലേക്ക് വരുമ്പോൾ തന്നെ അവനെ അനുഗമിക്കുക വേണ്ടത് അല്ലാതെ ക്രിസ്തീയ ജീവിതത്തിൽ കുറേ മുന്നോട്ട് പോയിട്ട് പിന്നെ വളരെ നല്ല ശിഷ്യന്മാർക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് കർത്താവിനെ അനുഗമിക്കുക എന്നൊക്കെയാണ് ഇന്ന് പലരും ക്രിസ്തീയ ലോകത്ത് ആ നിലയിലൊക്കെ കാര്യങ്ങളെ ആക്കി വച്ചിരിക്കുകയാണ് എന്നാൽ ഇവിടെ കണ്ടോ ഇവിടെ രണ്ടുപേരും കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വന്ന എല്ലാവരെ സംബന്ധിച്ചും ഈ ശിഷ്യത്വത്തിൻ്റെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ജീവിതം എല്ലാവർക്കും ആവശ്യമാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലെ കർത്താവിനെ പിൻപറ്റാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഇവിടെ ഇതാ നമുക്ക് വളരെ വേഗത്തിൽ വരുമ്പോൾ അതിൻ്റെ അടുത്ത അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മൊത്തം എഴുതിയ സുവിശേഷം നമ്മൾ പത്തൊൻപതാമത്തെ അധ്യായം പറഞ്ഞു ഇരുപതാമത്തെ അധ്യായം പറഞ്ഞു ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഒരു രംഗം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലെ കർത്താവ് ദേവാലയം വിശുദ്ധീകരിക്കുന്ന ഒരു ഭാഗം കാണാനായിട്ട് കഴിയും ദേവാലയത്തിൽ ചെന്ന് ആടുകളെയും അല്ലെങ്കിൽ പൊന്വാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെയും ഒക്കെ കർത്താവ് അത് മറിച്ച് കളഞ്ഞു എന്നിട്ട് പറയുന്നു ഇത് പ്രാർത്ഥനാലയമാണെന്ന് പറയുന്നു എന്നിട്ട് അവിടെ എന്തു ചെയ്യുന്നു ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇത് കണ്ടിട്ട് കർത്താവിനെ ചിലർ പുകഴ്ത്തുന്നു ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇവിടെ അതിൻ്റെ പത്താഴുത സുശേഷം ഇരുപത്തൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഇതിനെ ഈ ദേവാലയത്തെ ദൈവസഭയുടെ ഒരു നിഴലായിട്ട് കാണാം അങ്ങനെയാണെങ്കിൽ ഇവിടെ നാല് കാര്യങ്ങൾ ഈ ദേവാലയത്തിൽ നടക്കുന്നുണ്ട് അതെന്താ ആ ദേവാലയം ഹൗസ് ഓഫ് പ്യൂരിറ്റി ആയിട്ട് മാറുന്നു പ്രാവുകളെയും മേശകളും ഒക്കെ മറിച്ച് കളഞ്ഞ് കർത്താവ് അതിനെ ശുദ്ധീകരിക്കുന്നു അതൊരു ഹൗസ് ഓഫ് പ്യൂരിറ്റിയാണ് എന്നിട്ട് അതിൻ്റെ പതിമൂന്നിൽ പറയുന്നു ഇതിനെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഇതിനെ ഒരു ഹൗസ് ഓഫ് പ്രെയർ ആയിരിക്കണം അതുപോലെ തന്നെ കർത്താവ് അതിൻ്റെ പതിനാലിലെ പലരെയും സൗഖ്യമാക്കുന്നു അപ്പോൾ അത് ദൈവസഭ എന്തായിരിക്കണം ഒരു ഹൗസ് ഓഫ് പവർ ആയിരിക്കണം ഒടുവിലേക്ക് അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കണ്ട് ആളുകൾ ദൈവത്തെ പുകഴ്ത്തുന്നതും നമ്മൾ കാണുന്നു ഒരു ഹൗസ് ഓഫ് പ്രൈസ് കണ്ടോ ദൈവസഭ ദൈവാലയം നാല് നിലയിലായിരിക്കണം ഒന്ന് ഹൗസ് ഓഫ് പ്യൂരിറ്റി അത് നിർമ്മലതയുള്ളതായിരിക്കണം ഹൗസ് ഓഫ് പ്രെയർ പ്രാർത്ഥനയുള്ളതായിരിക്കണം ഹൗസ് ഓഫ് പവർ ശക്തിയുള്ളതായിരിക്കണം ഹൗസ് ഓഫ് പ്രേയ്സ് പുകഴ്ച ഉള്ളതായിരിക്കണം അങ്ങനെ പിയിൽ തുടങ്ങുന്ന നാല് കാര്യങ്ങൾ ഇവിടെ ഈ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ അക്കമിട്ട് നമുക്ക് പറയാം ഈ ദേവാലയം സഭയുടെ ഒരു നിഴലാണല്ലോ അതുകൊണ്ട് ഇന്ന് സഭയിലും നമ്മുടെ സഭയും എന്തായിരിക്കണം അത് നിർമ്മലതയുള്ളതായിരിക്കണം അത് പ്രാർത്ഥനാലയ അത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന സ്ഥലമായിരിക്കണം ദൈവത്തിന് പുകഴ്ചയുള്ള സ്ഥലമായിരിക്കണം ഈ കാര്യങ്ങൾ നമ്മുടെ സഭ ആ നിലയിലാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് ഇവിടെ നിന്നെടുക്കാം പ്രിയപ്പെട്ടവരെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ചില വാക്യങ്ങൾ നമ്മൾ കാണുകയായിരുന്നു അവിടെ ദൈവസഭയെന്ന് പറയുന്നത് അത് ആ നിലയിൽ നിർമ്മലതയുള്ളതായിരിക്കണം അത് പ്രാർത്ഥനയുള്ളതായിരിക്കണം അതുപോലെ തന്നെ അത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന സ്ഥലമായിരിക്കണം അതുപോലെ അവിടെ ദൈവത്തിൻ്റെ മഹത്വവും പുകഴ്ചയുമുള്ള സ്ഥലമായിരിക്കണം ഈ നിലയിലാണ് നമ്മളാ ഭാഗത്ത് നിന്ന് ചിന്തിച്ചത് തുടർന്ന് കർത്താവായ യേശു പറയുന്ന രണ്ട് ഉപമകൾ അധ്യായത്തിൽ നിന്ന് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം അത് കർത്താവ് അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം മുതൽ പറയുന്ന ഒരു ഉപമയാണ് അത് മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തെട്ട് മുതൽ മത്തായി ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഉപമയിൽ ഒരു ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനോടെ പറഞ്ഞു നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്നവൻ ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അവൻ അനുദവിച്ച് ആ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് പോയി രണ്ടാമത്തെ മകനോട് ഇളയ മകനോട് ഈ പിതാവ് പറഞ്ഞു നീ എൻ്റെ മുന്തിരി തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു പിതാവേ ഞാൻ പോകാം എന്ന് സമ്മതിച്ചു പക്ഷേ അവൻ പോയില്ല ഈ രണ്ട് പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത് എന്ന് കർത്താവ് തന്നെ തന്നെ കേൾക്കാനായിട്ട് കൂടിയവരോട് ചോദിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു മൂത്ത മൂത്തപുത്രനാണ് ദൈവേഷ്ഠം ചെയ്തത് എന്നാ പറഞ്ഞു അപ്പോൾ ആ മൂത്തപുത്രൻ ദൈവേഷ്ഠം ചെയ്തു ഇളയപുത്രൻ ദൈവേഷ്ഠം ചെയ്തില്ല അതുകൊണ്ട് കർത്താവ് അവിടെ ഈ കാര്യത്തെ ചേർത്ത് അതിൻ്റെ നാൽപ്പത്തി മുപ്പത് മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിലും മുപ്പത്തി വാക്യത്തിലും ഈ മൂത്തപുത്രൻ ആരാണ് ഇളയപുത്രൻ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുക കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത് മൂത്തപുത്രൻ എന്ന് പറയുന്നത് ആദ്യം ദൈവത്തെ അനുസരിക്കാതെ ഈ പിതാവ് ദൈവത്തിൻ്റെ നിഴലാണല്ലോ ഈ ദൈവത്തിൻ്റെ ദൈവത്തെ അനുസരിക്കാതെ ഞാൻ എനിക്ക് മനസ്സില്ല എന്നാദ്യം പറഞ്ഞ് പാപത്തിൽ മുഴുകി ജീവിച്ചതിന് ശേഷം പിന്നീട് അനുദപിച്ചു വന്ന ചു പരീക്ഷ ചുങ്കക്കാരും വേശിമാരും ചുങ്കക്കാരും വേശിമാരും അതായത് യഹൂദരല്ലാത്ത ആളുകളാണ് മൂത്തപുത്രൻ്റെ നിഴൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലൊക്കെയുള്ള യഹൂദനല്ലാതെ ജാതികളിൽ നിന്ന് വന്ന ആളുകളാണ് മൂത്തപുത്രൻ അതുപോലെ ഞാൻ പോകാമപ്പാ ചെയ്യാം അനുസരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അനുസരിക്കാതിരുന്നത് ഇസ്രായേൽ മക്കളാണ് യഹൂദരാണ് എന്ന കർത്താവ് അതിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിലെ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇതാ പിതാവ് എന്ന് പറയുന്നത് ദൈവത്തിന് നിഴലായിട്ട് നിൽക്കുന്നു മൂത്തപുത്രൻ എന്നു പറയുന്നത് പുതിയ നിയമസഭയായ നമുക്ക് നിഴലായിട്ട് നിൽക്കുന്നു ഇളയപുത്രൻ എന്നു പറയുന്നത് ദൈവത്തെ അനുസരിക്കാതിരുന്ന അനുദിക്കാതിരുന്ന ഇളയപുത്രന് നിഴലായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് അതിനെ വ്യാഖ്യാനിച്ച് അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം മൂത്തപുത്രൻ സഭയോടല്ലല്ലോ ചേർക്കേണ്ട മൂത്തപുത്രനെ യഹൂദന്മാരോടെ നിഴലായിട്ടല്ലേ നിൽക്കേണ്ടത് കാരണം നമ്മൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ നാലാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നു ഇസ്രായേൽ എൻ്റെ ആദ്യ ജാതൻ പറയുന്നു അപ്പം ഇസ്രായേൽ മക്കളെ യഹൂദർ ദൈവത്തിൻ്റെ ആദ്യ ജാതനാണ് ആദ്യ ജാതൻ എന്നു വച്ചാൽ മൂത്തപുത്രനാണ് പറയുന്നുണ്ട് അപ്പോൾ മൂത്തപുത്രനായിട്ട് യഹൂദരെയല്ലേ കാണേണ്ടത് അങ്ങനെയല്ലേ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉടനെ തന്നെ ഓർത്തുപോകുന്ന കർത്താവിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു ഉപമയുണ്ട് അതായത് മുടിയൻ പുത്രൻ്റെ ഉപമയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധൂർത്തപുത്രൻ്റെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെയും ആയ ഉപമ മുടിയൻ എന്ന് പറയുന്ന ആ ഉപമ ആ ഉപമയിലും ഈ പറഞ്ഞതുപോലെ സഭയ്ക്ക് നഴലായിട്ട് നിൽക്കുന്നതാരാണ് സഭയ്ക്ക് നഴിലായിട്ട് നിൽക്കുന്നത് ഇളയപുത്രനാണ് മുടിയൻ പുത്രനാണ് ധൂർത്തപുത്രനാണ് ഇസ്രായേലിന് നഴിലായിട്ട് നിൽക്കുന്നത് ആരാണ് അത് മൂത്തപുത്രനാണ് മൂത്തപുത്രനാണ് അപ്പോൾ നമ്മൾ കണ്ടത് ഇസ്രായേലിന് നഴല് ആ ഉപമയില് മൂത്തപുത്രനാണ് അതുപോലെ ഇസ്രായേലിനെയാണ് പുറപ്പാട് പുസ്തകത്തില് നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടിലെ ദൈവം തൻ്റെ മൂത്തപുത്രൻ എന്നു പറയുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ദൈവം അതൊന്ന് തിരിച്ചിട്ടു കർത്താവ് അതൊന്ന് തിരിച്ചിട്ടു മൂത്തപുത്രൻ എന്ന് പറയുന്നത് നമ്മളാണ് പുതിയ നിയമസഭയാണ് അനുസരിക്കാതിരുന്ന ഇളയപുത്രനാണ് ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ലൂക്കോസ് പതിനഞ്ചിൻ്റെ പതിനൊന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്ന തൂർത്തപുത്രൻ്റെ ഉപമയോട് ചേർത്തും ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയ്യോ മൂത്തപുത്രൻ ഇസ്രായേൽ അല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇവിടെ പക്ഷേ പുതിയ ഉടമ്പടി സഭയെ നമ്മളെയാണ് മൂത്തപുത്രൻ എന്ന് ദൈവം പറയുന്നത് ഇത് എങ്ങനെയാണൊന്ന് ന്യായീകരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം ചിലപ്പോൾ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ വരാം ആ കാര്യം ഒന്ന് പറയാനാണ് ഞാനിത് ഇത്രയും വിശദീകരിച്ചത് പ്രിയപ്പെട്ടവരെ ഇതിന് ഒരു മറുപടി നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നു പന്ത്രണ്ട് ഇരുപത്തിമൂന്നിൽ എന്താ പറയുന്നത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ ആദ്യജാതന്മാരുടെ സഭയെന്ന് പറയുമ്പോൾ മൂത്തപുത്രന്മാരുടെ സഭ അപ്പോൾ പുതിയ ഉടമ്പടി സഭയെ എന്തായിട്ടാണ് എബ്രായർ പന്ത്രണ്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നത് പുതിയ നിയമസഭയെ മൂത്തപുത്രന്മാർ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് വളരെ ചുരുക്കത്തിലെ ഈ കാര്യങ്ങളെങ്ങനെ പറയാം അതായത് യഹൂദനായിരുന്നു മൂത്തപുത്രൻ പക്ഷേ അവർ നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ മൂത്തപുത്രനായിട്ട് യഹൂദനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഉപമയിൽ മൂത്തപുത്രനായിട്ടും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചവരായിട്ടും പുതിയ ഉടമ്പടി സഭയായ നമ്മളെയാണ് പറഞ്ഞിരിക്കുന്നത് അത് എബ്രായർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്നുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ വ്യക്തമാകും ഇവിടെ ഇതാ നമുക്ക് മറ്റൊരു കാര്യം നോക്കാം ഈ ഇവിടെ ഈ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൻ്റെ അധ്യായത്തിൽ അവിടെ മറ്റൊരു ഉപമ കർത്താവ് പറയുന്നതും അതിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ എന്താ ഒരാളൊരു മുന്തിരിത്തോട്ട നട്ടുണ്ടാക്കി അതിന് വേലി കിട്ടി എന്നിട്ട് അത് കുടിയാന്മാരെ ഏൽപ്പിച്ചു ഫലകാലം സമീപിച്ചപ്പോൾ അതിൽ നിന്ന് അനുഭവം വാങ്ങാൻ വേണ്ടി തൻ്റെ ദാസന്മാരെ അയച്ചു പക്ഷെ ആ ദാസന്മാരെ കുടിയാന്മാർ തല്ലുകയും കൊല്ലുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്തു അപ്പോഴേ ഈ യജമാനൻ വിചാരിച്ചു അല്ലെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വിചാരിച്ചു എൻ്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് വെച്ച് തൻ്റെ മകനെ അടുത്തു ആ അവരുടെ അടുത്തേക്ക് അനുഭവം വാങ്ങിക്കാൻ വേണ്ടി അയച്ചു പക്ഷെ മകനെ കണ്ട കുടിയാന്മാർ ഇവനാണ് അവകാശി എന്ന് പറഞ്ഞ് അവനെ കൊന്നു കളഞ്ഞു കൊന്നുകളഞ്ഞു അതുകൊണ്ട് ഈ ഉടമസ്ഥൻ എന്ത് ചെയ്തു ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഈ കൊടിയാന്മാരെ നിഗ്രഹിച്ചു നിഗ്രഹിച്ചിട്ട് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കൊടിയാന്മാർക്ക് തോട്ടം കൊടുത്തു എന്ന് പറയുന്നു ഇതും നമ്മൾ മുമ്പേ പറഞ്ഞ യഹൂദനും പുതിയ ഉടമ്പടി സഭയായ നമുക്കും നഴലായിട്ട് നിൽക്കുന്നു ഇതിൻ്റെ അകത്തെ തോട്ടക്കാരൻ ആരാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് ദൈവം തന്നെയാണ് ദൈവ ആദ്യം തൻ്റെ ഈ തോട്ടം നോക്കാനായിട്ട് ഏൽപ്പിച്ച കുടിയാന്മാരാരാണ് അത് ഇസ്രായേലാണ് യഹൂദന്മാരാണ് പക്ഷെ അവരുടെ അടുത്ത് തൻ്റെ അനുഭവം വാങ്ങാൻ വേണ്ടി ആ ആ ഉടമസ്ഥൻ തൻ്റെ ദാസന്മാരെ അയച്ചു അവരെ ഈ കുടിയാന്മാര് തല്ലി കൊന്നു എന്നൊക്കെ നമ്മൾ കാണുന്നു പഴയ ഇടം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പല പ്രവാചകന്മാരെ ദൈവം ഇസ്രായേലിൻ്റെ അടുത്ത് അയച്ചു പക്ഷെ അവരെ ഒക്കെ അവരുപദ്രവിക്കുകയും കൊല്ലുകയും ആണ് ചെയ്തത് സ്തേഫാനോസും ആ കാര്യം പറയുന്നുണ്ടല്ലോ സ്തേഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ ആ കാര്യം പറയുന്നുണ്ട് അപ്പോൾ സ്ഥലപ്രവൃത്തി ഏഴാമധ്യായത്തിൽ തന്നെ പറയുന്നു നിങ്ങളിൽ നിങ്ങളുടെ പിതാക്കന്മാർ ഈ പ്രവാചകന്മാരിൽ ആരെയാണ് ഉപദ്രവിക്കാതിരുന്നത് എബ്രോസ്ലപ്പർവത്തി ഏഴിൻ്റെ അൻപത്തി രണ്ട് അപ്പോൾ ഈ ദാസന്മാരാരാണ് ദൈവം അയച്ച ആളുകളാണ് പക്ഷെ ആ ദാസന്മാരെ ഈ കുടിയാന്മാർ കൊന്നുകളഞ്ഞു കൊന്നുകളഞ്ഞപ്പം താൻ തൻ്റെ പുത്രനെ യേശു തന്നെ അയച്ചു യേശുവിനെയും അവർ കൊന്നുകളഞ്ഞു കൊന്നുകളഞ്ഞിട്ട് അതിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അവരെ ആ കുടിയാന്മാരെ മാറ്റിക്കളഞ്ഞു ഇസ്രായേലിനെ മാറ്റിക്കളഞ്ഞു എന്നിട്ട് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന നാൽപ്പത്തൊന്നാം വാക്യം തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാൻമാരെ തോട്ടമേൽപ്പിക്കുന്നു അതാരാണ് അത് പുതിയ ഉടമ്പടി സഭയാണ് നമ്മളാണ് യഹൂദനെ നിന്ന് മാറ്റിയിട്ട് കർത്താവിന് ഫലം കൊടുക്കുന്ന ആളുകളായിട്ട് നമ്മളെ വച്ചിരിക്കുന്നു അപ്പം ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു ചിന്ത നമ്മളെന്തു വേണം നമ്മൾ ദൈവത്തിന് ഫലം കൊടുക്കുന്നവരായിരിക്കണം പ്രിയപ്പെട്ടവർ ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ ബൈബിളിലൂടെ എന്നതിൽ പറയുന്നുണ്ട് മൂന്ന് കർത്താവിൻ്റേതായ മൂന്ന് സത്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നു ഒന്നെന്ന് പറയുന്നത് ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ പറയുന്ന കല്യാണവസ്ത്രം ധരിക്കാതെ കല്യാണത്തിന് വന്ന ആളിനെക്കുറിച്ചുള്ളതാണ് ആദ്യത്തേത് അവിടെ നിന്ന് നമ്മൾ എടുക്കേണ്ട ആ സത്യം എന്താ ക്രിസ്തുവിന്റെ നീതി എന്ന സൗജന്യമായ മേലങ്കി ധരിക്കാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മൾ എടുക്കേണ്ട കാര്യം രണ്ടാമത് കർത്താവിൻ്റെ മുമ്പാകെ ഒരു നാണയം കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറയുന്നു ഇത് കൈസർക്കുള്ള കൈസർക്കു കൂടെ ദൈവത്തിനുള്ള ദൈവത്തിന് കൂടെ അതിൽ നിന്ന് ഇരുപത്തിയൊന്നാം വാക്യം എടുത്ത് നമുക്ക് മറ്റൊരു സത്യം കണ്ടെത്താം ദൈവത്തോട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ മനുഷ്യന് കൊടുത്തു തീർക്കേണ്ടത് നമ്മൾ കൊടുത്തു തീർക്കണം എന്നുള്ളതാണ് ആ സത്യം മൂന്നാമത് മുപ്പത്തേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ വളരെ പ്രസക്തമായ ഒരു സത്യം കർത്താവ് പറയുന്നു എന്താണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം രണ്ടാമത് കൂട്ടുകാരനെയും നിന്നെപ്പോലെ സ്നേഹിക്കണം അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞത് ഒന്നെന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ കർത്താവിൻ്റെ നീതിയുടെ സൗജന്യം ഏലങ്കി ധരിക്കാതെ ആർക്കും പ്രവേശനമില്ല അതുപോലെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നിന്ന് ദൈവത്തിന് നാം കൊടുക്കും മുമ്പേ മനുഷ്യരോടുള്ള കടമകൾ നാം കൊടുത്തു തീർക്കണം എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു മൂന്നാമത് ദൈവത്തെയും കൂട്ടുകാരെയും നമ്മൾ സ്നേഹിക്കുന്ന ആ കാര്യം അതും ശിഷ്യത്വവുമായി ബന്ധപ്പെട്ടതാണ് ഈ കാര്യങ്ങളാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നത് ഈ കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമായിട്ടെടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു